ഹത്വം നമുക്ക് പ്രിയ സഹോദരനെ വരുന്നവരെ അല്പനേരം ദുര്യോധനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം നേരത്തെ ഇവിടെ ഒരിക്കൽ ഈ പ്രദേശത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഇത് എൻ്റെ ഓർമ്മ രണ്ടാമത്തെ വട്ടമാണ് ഈ മീറ്റിങ്ങിന് ഇവിടെ ഈ സ്ഥലത്ത് വരുന്നത് പേര് നമുക്ക് ഇന്ന് ഒന്നിച്ചാരിപ്പാൻ്റെയും ഒരവസരം തന്നല്ലോ ഇന്നലെ ഞാൻ നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനമാണ് ഇന്നലെ വായിച്ചു കൊണ്ടിരുന്നത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സങ്കീർത്തനത്തിലെ ഒരു കൊച്ചു വാക്യം സാധാരണ ഇതിൽ വ്യത്യാസമായിട്ട് എനിക്ക് എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് ബോധ്യപ്പെട്ടു നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യമാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം ഒരു ചെറിയ വാക്യം അത് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇത് സാധാരണ നമ്മൾ വായിക്കുമ്പോൾ ഒരു നിഷേധാത്മകമായ ഒരു വാക്യം പോലാണ് നമുക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കഷ്ടത്തിലൊക്കെയായി എന്ന് പറഞ്ഞതൊക്കെ ഞാനും ഇങ്ങനെ അങ്ങ് വിശ്വസിച്ചു ശരിയാണ് ഞാൻ വലിയ കഷ്ടത്തിലായി ഞാനത് വിശ്വസിച്ചു ഞാൻ കഷ്ടത്തിൽ തന്നെയാണ് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ നമ്മൾ ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഒരു നിരാശയുടെ ഒരു വാക്യമല്ല അത് അവിടെ നമ്മൾ കാണുന്നത് ഞാൻ വലിയ കഷ്ടത്തിലായി എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാന് ദൈവത്തിൽ വിശ്വസിച്ചു എന്നാണ് തമ്മിലൊരു വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ചോ ദൈവത്തെ ശ്രദ്ധിക്കണേ ഞാൻ ഞാൻ വലിയ കഷ്ടതയിലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും കൂടെ പറഞ്ഞു ഞാനും അങ്ങനെ പറഞ്ഞു വലിയ കഷ്ടത്തില്ല വലിയ കഷ്ടത്തില ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ പറയലോ വലിയ കഷ്ടത്തില ഏ അങ്ങനെ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ കാര്യം വലിയ പ്രതീക്ഷയൊന്നുമില്ല വലിയ നിരാശയിലാണ് അങ്ങനെ ഒരു നിരാശയുടെ വാക്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇതിനെ ശ്രദ്ധിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അതങ്ങനെയല്ല ഞാന് വലിയ കഷ്ടതയിലായി എന്ന് ഞാൻ പറഞ്ഞു ശരിയാ എൻ്റെ സാഹചര്യവും എൻ്റെ ചുറ്റുപാടുകളും എല്ലാം വലിയ കഷ്ടം തന്നെ പക്ഷേ അങ്ങനെ കഷ്ടതയിലായി എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എന്തു ചെയ്തു ഞാൻ ദൈവത്തിലെ വിശ്വസിച്ചു ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത് ഈ രണ്ട് വൈസ് ദാറ്റ് ഐ ആം ഇൻ ഗ്രേറ്റ് അഫ്ലിക്ഷൻ ഞാൻ വലിയ കഷ്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞു അത് ശരിയാ പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ എന്ത് കൈവിട്ടില്ല ദൈവത്തിലുള്ള വിശ്വാസം കൈവിട്ടില്ല പ്രിയപ്പെട്ടവര് നമ്മളീ ഈ ദൈവപതനത്തോടൊക്കെ എടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിലൊക്കെ വന്ന് വലിയ വലിയ ആളുകൾ വലിയ കാര്യങ്ങളെല്ലാം പറയുന്ന കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയം ഇടിഞ്ഞു പോകും എന്നുവെച്ചാൽ ദൈവത്തിന് കേൾക്കാൻ വരുമ്പോൾ നമുക്ക് സന്തോഷവും ദൈവത്തിലുള്ള ഉത്സാഹവുമാണ് വരേണ്ടത് പക്ഷെ ചിലർക്ക് ചെന്ന് ചില വലിയ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ ഈ നിലയിൽ ആയിട്ടില്ലല്ലോ എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയം ചിലപ്പോഴൊക്കെ ഇടിഞ്ഞു പോവും ചിലരെ നടത്തിയ വലിയ വിധങ്ങൾ അവര് ദൈവത്തെ വിശ്വസിച്ച വിധങ്ങൾ ദൈവം വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ വലിയ അത്ഭുതം ഒന്നും കാണാനില്ല വലിയൊരു അത്ഭുതത്തിന്റെ ഒന്നും വലിയൊരു നേട്ടങ്ങളൊന്നും നമുക്ക് പറയാനില്ല ആ അപ്പൊ നമ്മൾ നമ്മളെ തന്നെ നോക്കി ഈ സാക്ഷ്യങ്ങളുടെയൊക്കെ മുമ്പാകെ പലപ്പോഴും നിരാശപ്പെട്ട ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ വാസ്തവം വാസ്തവം നമ്മുടെ മിക്കവരുടെയും ജീവിതം നിത്യസാധാരണ ജീവിതമാണ് ആ ജീവിതത്തിൽ നമ്മളെ നിരാശപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതും ുഃഖിപ്പിക്കുന്നതും വ്യസനിപ്പിക്കുന്നതുമായ ധാരാളം കാര്യങ്ങൾ വരും പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ചിലരുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ മറുപടി ലഭിച്ചെന്ന് വരികയില്ല അപ്പൊ നമ്മൾ പിന്നെയും വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോ ഓ നമ്മളെ പോലുള്ള ആളുകൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഈ വഴി ഇതൊക്കെ വലിയ വിശ്വാസത്തിന്റെ മല്ലന്മാർക്കും വലിയ ആളുകൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് നിരാശപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട് എന്നാൽ ഈ സങ്കീർത്തനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അത് ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളികളാണ് എൻ്റെ ഹൃദയം വിടുന്നിരിക്കുന്നു ഞാന് ആകെ കുഴപ്പത്തിലായിരിക്കുന്നു എന്നൊക്കെ തുറന്നു പറയാൻ അവർക്കൊരു മടിയില്ല സങ്കീർത്തനങ്ങൾ സത്യത്തിൽ നമ്മളും നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മുമ്പാകെ അഭിനയിക്കേണ്ട ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ മതി നമുക്ക് ചില സമയത്ത് നിരാശ വരുന്നു നമുക്ക് ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല ഇതൊക്കെ ശരിയായിരിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഭയം എല്ലാ പോയിപ്പോഴും മറുപടിയാണ് കിട്ടുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ടിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല നമ്മൾ സത്യസന്ധമായിട്ട് ദൈവമേ ഇതാണ് എൻ്റെ സ്ഥിതി ഞാൻ വലിയ കഷ്ടത്തെ എന്ന് പറയുന്നതിൻ്റെ തെറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ സാഹചര്യമതായിരിക്കുമ്പോഴും ദൈവത്തിലുള്ള ഒരു ലളിതമായ വിശ്വാസം നമ്മൾ എന്ത് ചെയ്തു കളയരുത് നഷ്ടപ്പെടുത്തി കളയരുത് പറയുന്നു ഞാൻ വലിയ കഷ്ടത്തിലായി അവൻ്റെ സാഹചര്യം വലിയ പ്രയാസമുള്ള സാഹചര്യമായിരുന്നു പക്ഷേ അതിൻ്റെ മധ്യത്തിലും അവൻ ദൈവത്തിലുള്ള പ്രതീക്ഷ കൈവിട്ടില്ല വിശ്വാസം ഞാൻ വിശ്വസിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു വിശ്വാസത്തിൻ്റെ അധ്യായമായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം പതിനൊന്നാമത്തെ അധ്യായമാണല്ലോ വിശ്വാസത്തിൻ്റെ അധ്യായം എന്ന് സാധാരണ പറയാറുള്ളത് അവിടെ നിങ്ങൾ ആ അധ്യായമെടുത്ത് വായിച്ചു നോക്കിയാൽ ദൈവം പഴയ നിയമ കാലഘട്ടം മുതൽ ആളുകൾക്കായിട്ട് പല കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ പ്രാർത്ഥന കേട്ടു ദൈവം അവർക്കായിട്ട് വൻ കാര്യങ്ങളെ ചെയ്തു ഇതൊക്കെ അവിടെ പറയുന്നുണ്ട് നമ്മൾ കണ്ടോ അതിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം എബ്രാർക്കി ലേഖനം പതിനൊന്നിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം മുതൽ ഇനി എന്ത് പറയേണ്ടു ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഈ എബ്രാഹിം ലേഖനകാരൻ ഒരു പ്രസംഗം നടത്തുകയായിരുന്നു എന്ന് ചിന്തിക്കുന്ന തിയോളജിയൻസ് ഉണ്ട് കാരണം അദ്ദേഹം പറഞ്ഞേക്കുന്നുണ്ട് ഇനി എന്ത് പറയേണ്ടുന്ന് ഒരുപക്ഷെ പൗലോസ് ആയിരിക്കും പൗലോസാണ് എബ്രഹിം ലേഖനകാരൻ എന്നാണ് കൂടുതൽ പേര് വിവരിക്കുന്നത് ചിന്തിക്കുന്നത് ആരാണ് ഈ ലേഖനം പറയുന്നില്ല എന്താ പൗലോസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രസംഗി പ്രസംഗിച്ച് ഏഹ് പണ്ടൊരു യൂത്തി കോസ് എന്നൊരാളെ തള്ളി താതെ ഇട്ട മനുഷ്യന് ഓർക്കുന്നുണ്ടോ നിങ്ങള് പ്രസംഗിച്ചെന്തില്ല പ്രസംഗിച്ചു വന്നാൽ ദൈവത്തിന്റെ അരപ്പാടുകളൊക്കെ പറഞ്ഞു വന്നാൽ ഒരു വലിയ ബ്രേക്കൊന്നുമില്ല അങ്ങ് പറഞ്ഞു പറഞ്ഞ് നേരം വിളിക്കുന്നതോ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല അങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ച് ഇപ്പൊ ഒരാളെ യൂത്തി കോസ് അദ്ദേഹം ഇതെല്ലാം കേട്ട് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു അവിടുന്ന് ഉറങ്ങി താഴെ വീണു പിന്നെ പൗലോസ് ഇറങ്ങിച്ചെന്ന് ആളെ മ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ എബ്രഹാം മേഖലം എന്ന് പറയുന്നത് സത്യത്തിൽ പൗലോസ് നടത്തിയ ഒരു പ്രസംഗമായിരുന്നു എന്ന് ചിന്തിക്കുന്ന വേദശാസ്ത്രകളുണ്ട് അതിനവർ പറയുന്ന ഒരു ന്യായം പല ന്യായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു ന്യായം ഇതാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യാണ് ഇനി ഞാൻ ഇത് പറയേണ്ടു ഞാനപ്പം ഇത്രയും നേരം കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി ദൈവവൻ കാര്യങ്ങൾ അബ്രഹാമിന് വേണ്ടി ചെയ്തു യാക്കോഫിന് വേണ്ടി ചെയ്തു പലർക്കു വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു മോശയ്ക്ക് വേണ്ടി ചെയ്തു ഇങ്ങനെ എല്ലാ ചരിത്രങ്ങളും എല്ലാം പറഞ്ഞ് പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യണമല്ലോ പറഞ്ഞ് പറഞ്ഞ് വന്നാട്ട അവസാനം പൗലോസ് ഇനിയും ഞാൻ എന്താ പറയേണ്ടത് ഇനിയും ഗതേൻ ബാരാക്ക് ശിരിശോ ദാബീഡ് എന്നിവരെയും ശവം മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ അപ്പം നമ്മുടെ ഇന്നത്തെ പ്രസംഗം ഇത് മാത്രമല്ല അന്നുള്ളത് നമ്മിന്നത്തെ ആരും പറയലേ എനിക്ക് മൂന്ന് പോയിന്റോടെ പറയാനുണ്ട് പക്ഷെ സമയമില്ലല്ലോ എന്ന് പറയുന്ന പോലെ പൗലോസിയുടെ അല്ലെങ്കിൽ അബ്രായകനം പറയാ ഇവരെ കുറിച്ചൊക്കെ പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ സമയം പോരാ സമയം പോരാ സമയം പോരാ നമുക്ക് അതല്ലോ പ്രസക്തമായ കാര്യം അവരെ പറയുന്ന കാര്യങ്ങൾ എന്താ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിനിമകളുടെ വായി അടച്ചു തീയുടെ ബലം കെടുത്തു വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായിത്തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്ത വിത്തവത്തിനാൽ എന്തൊരു വലിയ വലിയ കാര്യങ്ങളായി പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ നിത്യം ഇത് വായിച്ച് ഒരു അത്ഭുതം പലപ്പോഴും തോന്നാതിരിക്കും എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചോ വിശ്വാസം പോലെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു വിശ്വാസം മൂലം രാജ്യങ്ങളെ കീഴടക്കി ീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിംഹങ്ങളുടെ വായി അടച്ചു നമ്മൾ ഉടനെ ഓർത്തുപോകും ഒന്നും ചെയ്യുന്നില്ല വിശ്വാസം ആ ചന്ദ്രക്ക മേശക്ക വീതി ചെറുപ്പക്കാരെ തീയിൽ ഇട്ടു പക്ഷെ തീയ്ക്ക് വല്ല ബലോ ഉണ്ടായിരുന്നു ഇല്ല വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തു ആ വാളിന്റെ വായിക്കു തെറ്റി അവരെ കൊല്ലാനായിട്ട് കൊണ്ടുപോയി പക്ഷേ കാര്യങ്ങൾ നടന്നില്ല ഇത് കൃത്യമായിട്ട് പഴയ നിയമത്തിലെ മാത്രം കാര്യങ്ങളല്ല ഇത് ഒന്നാം നൂറ്റാണ്ടില് സഭ കടന്നുപോകുന്ന ചില അനുഭവങ്ങളോട് ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട് അപ്പോ യുദ്ധി അവരെ വാലന്റെ വായിക്ക തെറ്റി ബലഹിയു വേണ്ടി ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തടയുന്ന മരിച്ചവരെ ഉയർത്തെഴുന്നതിനാൽ തിരികെ കിട്ടി ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് നമ്മളാരും ഇങ്ങനെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും ഹല്ലലിയാ പറയും സ്തോത്രം പറയുകയും ഒന്നും ചെയ്യുന്ന ശീലമില്ലാത്തതുകൊണ്ട് പക്ഷേ ഇത് ഓരോ ഓരോസും കഴിയുമ്പോൾ സത്യത്തിന് എത്ര സ്തോത്രം പറയേണ്ടതാണ് കാരണം എന്താ രാജ്യങ്ങളെ ഇടക്കി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു തീടബലം കെടുത്തി സിംഹങ്ങളുടെ വായടച്ചു വലിയ കാര്യങ്ങളാണ് വലിയ വല്യ കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ മരിച്ചവരെ ഉയർപ്പിച്ചു കൊള്ളാം ഇതെല്ലാം വിശ്വാസം മൂലം നടക്കും അത്രയും വരെയും ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ മറ്റു ചിലർ മുപ്പത്തഞ്ചിന്റെ പതിനഞ്ച് മുപ്പത്തഞ്ചിന്റെ പകുതി മുതൽ മറ്റു ചിലർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഞ്ഞെടുപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ അവർക്ക് വിശ്വാസം ഇല്ലെന്നല്ല പറഞ്ഞത് വിശ്വാസത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ വരെ വിശ്വാസത്താൽ വൻകാര്യങ്ങൾ നടന്നതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പിന്നെ വിശ്വാസത്തിന്റെ അത്ഭുതം എന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ ചിലർക്ക് അടിയേറ്റെന്നാ പറഞ്ഞത് വിശ്വാസം മൂലം ചിലർക്ക് അടിയേറ്റു അതൊന്ന് വിടുതലുകിട്ടിയെന്നല്ല വേറെ ചില പരിഹാസം ചമ്മിട്ട് ചങ്ങല തടവ് ഇവയാനുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറേറ്റു വീർച്ച വാളാൽ അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ തിരിച്ചു ബുദ്ധിമുട്ട് ഉപദ്രവം കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വളഞ്ഞു ലോഹം അവർക്ക് യോഗ്യമായിരുന്നില്ല ഈപ്പോ ഈ വായിച്ച ഈ കാര്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് സത്യത്തെ വലിയ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്ന് കഴിയുമ്പോഴും സ്ത്രോത്രം പറയാന് അങ്ങനെ തോന്നുകയില്ല ചമ്മട്ടും ചങ്ങലയും തടവും പരിഹാസവും ഒക്കെ ഏറ്റു അതും വിശ്വാസത്തിന്റെ കാര്യമായിട്ടാ പറയുന്നു കല്ലേറേറ്റു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ എന്നൊക്കെ പറയുമ്പോ അന്ന് അന്ന് പൗലോസോ അല്ലെങ്കിൽ അഭ്രായ ലേഖനകാരനോ പ്രസംഗിച്ചോണ്ടിരുന്നപ്പം അവിടെ ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് പല തരത്തിലുള്ള റോമൻ ചക്രവർത്തിമാര് ചെയ്യുമായിരുന്നു അവിടെ ഒക്കെ താമസിക്കുകയാണ് എവിടുന്നെങ്കിലും വല്ലപ്പോഴും ഈ പുറംലോകത്തേക്ക് കടക്കാവുന്ന ഏതെങ്കിലും ഒരു കുഴിയിൽ നിന്ന് പതുക്കിയ ഒരാൾ വന്ന് കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെയും ഇതിനകത്തേക്ക് പോകും അവിടെയാണ് അവരൊന്നിച്ചുകൂടുകയും അപ്പം നുറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടോ പീഡനങ്ങളിലൂടെ കടന്നു ഒരു സഭ ആ സഭയെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവിടെ ഇതാ ഭൂമിയുടെ പിളർപ്പുകളിൽ ഉഴന്ന് വലങ്ങൂ എന്നൊക്കെ എബ്രാ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ വന്നത് അതല്ല ഇതിൻ്റെ അകത്ത് രണ്ടിടത്ത് രണ്ട് കൊച്ചു വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അവിടെ നമ്മൾ അതിൻ്റെ വാക്യത്തിൽ വിശ്വാസത്താൽ അവർ എന്തു ചെയ്തു വാളിൻ്റെ വായിക്കു തെറ്റി കണ്ടോ മുപ്പത്തിനാലിൻ്റെ മധ്യത്തിൽ വിശ്വാസത്താൽ നടന്ന ഒരു കാര്യമാണ് അവർ വാളിൻ്റെ വായിക്കു തെറ്റി എന്നാൽ മുന്നോട്ട് വരുമ്പോൾ അവിടെ അവർ മുപ്പത്തിയേഴിൻ്റെ മധ്യത്തിൽ വേറൊരു കൊച്ചു വാക്ക് കാണും വാളാൽ കൊല്ലപ്പെട്ടു കണ്ടോ വിശ്വാസത്താൽ വാളിൻ്റെ വായിക്കു തെറ്റി വിശ്വാസത്താൽ വാളാൽ കൊല്ലപ്പെട്ടു വിശ്വാസത്താൽ വാളിൻ്റെ വായിക്കു തെറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അത് വിശ്വാസമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ വളരെ സന്തോഷമുണ്ട് നമുക്ക് അതിന് ഹല്ലോ പറയാൻ നമുക്ക് താല്പര്യമുണ്ട് കാര്യം വിശ്വാസത്താൽ ഒരു വിടുതല് നടന്നു ഏ രാജാവ് കൊല്ലാനോ ഒക്കെ കൊണ്ടുവന്നു പക്ഷേ വാളിൻ്റെ വായിക്കവർ തെറ്റി അവർ രക്ഷപ്പെട്ടു എന്നാൽ താഴേക്ക് പിന്നെ എന്താ പറയുന്നത് വാളാൽ അവർ കൊല്ലപ്പെട്ടെന്ന് പറയുന്നതും വിശ്വാസത്തല്ല വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ ഒരു രക്തസാക്ഷി മരണം വരിക്കാനായിട്ടൊക്കെ ഉള്ളു എന്തിലുള്ള വിശ്വാസം വിടുതലിലുള്ള വിശ്വാസമല്ല ദൈവത്തിലുള്ള വിശ്വാസം ഞാനാ പറഞ്ഞു വരുന്നത് പലപ്പോഴും ഇന്ന് വിശ്വാസം വിശ്വാസം എന്ന് പറയുമ്പോ ആ വിശ്വാസത്തെ വിശ്വാസം സമം വിടുതൽ എന്നൊരു സമവാക്യത്തിലാണ് ഇന്ന് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള സുവിശേഷ വീതസഭകൾ പലരും ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിടുതല് നടന്നാ അവിടെ വിശ്വാസമുണ്ട് എന്നാൽ എല്ലാ വിശ്വാസത്തിലും വിടുതല് കാണാവുന്ന തരത്തിലൊരു വിടുതല് നടക്കണമെന്നില്ല ഇവിടെ ഇതാ വിശ്വാസത്താൽ വാളിൻ്റെ വായിക്കു തെറ്റി ഓക്കെ വിടുതലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുക അത്ഭുതകരമായ എന്തെല്ലാം വിടുതലുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഉണ്ട് വാളിൻ്റെ വായിക്കു തെറ്റി എന്നാൽ മറ്റു ചില രംഗങ്ങളിൽ വിശ്വാസത്താൽ വാളാൻ കൊല്ലപ്പെടുകയും വേണം അവിടെയും ഒരു വിശ്വാസം ഉണ്ട് വിശ്വാസമല്ല വിടുതൽ കിട്ടുമെന്നുള്ള വിശ്വാസമല്ല മറിച്ച് ഓ കൊല്ലപ്പെട്ടാലും ദൈവത്തിലുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെടുകയില്ല ഞാൻ ഇതിനപ്പുറത്ത് ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ് അവിടെ ആ വിശ്വാസത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുന്നുണ്ടല്ലോ ഒന്നാം നൂറ്റാണ്ടിൽ ആദ്യത്തെ രക്തസാക്ഷി ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസ് സ്തേഫാനോസ് എന്ത് എന്ത് എന്ത് ലഭിച്ചില്ല അവന് അവനൊരു വിടുതല് ലഭിച്ചില്ല കാണാവുന്നത് പോലെ ഒരു വിടുതല് ലഭിച്ചില്ല അവൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു പക്ഷേ ആ കൊല്ലപ്പെടൽ ദൈവനാമത്തിന് മഹത്വമായിരുന്നോ അത് വിശ്വാസത്തിൻ്റെ ഒരു നിലപാടായിരുന്നോ അതേ ആയിരുന്നു കാരണം എന്താ അതിൽ നിന്നാണ് ആളുകളുടെ കല്ലെറിയാൻ വന്നവരുടെ വസ്ത്രമൊക്കെ കാത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നിന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ളു കൊണ്ട രംഗം അതാണ് അതുകൊണ്ടാണ് പിന്നെ പൗലോസിനോട് ശവലിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ശൗലെ മുള്ളിനു നേരെ ഉരയ്ക്കുന്നത് നിനക്ക് വിഷമമാണ് എവിടെച്ചാ മുല്ലുകൊണ്ടത് മുല്ലുകൊണ്ടത് സത്യത്തിൽ ഈ സേഫാനോസിന് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും അവന്റെ മുഖത്തെ ശോഭയും അവൻ സ്വർഗത്തേക്ക് മുഖം അവിടെ നിന്ന് കർത്താവായ യേശു ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ ദൈവേ ഇവർക്ക് ഈ പാപം അവരുടെ മേൽ കണക്കിടരുതേ അവരോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനും കഴിഞ്ഞപ്പം ഈ പഴമ തിരുവഴുത്തിലൊക്കെ നല്ല അവഗാഹം ഉണ്ടായിരുന്ന ശൗലിൻ്റെ മനസാക്ഷിയിൽ ഒരു മുള്ളു കൊണ്ടു എടാ ഞാനും എനിക്ക് വലിയ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഈ ചെറുപ്പക്ക ഈ ആള് മരിച്ചതുപോലെ മരിക്കാൻ ഒക്കുമോ തനിക്ക് കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാനൊക്കുമോ അപ്പോ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യമുണ്ടല്ലോ ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ ഒന്ന് മാർഗം എന്നൊരു മുള്ളു അവിടെ വെച്ചാണ് കൊണ്ടത് നമുക്ക് ചിന്തിക്കാം ഞാൻ പറഞ്ഞു പോകുന്നത് വിടുതലുണ്ടായില്ല പക്ഷെ വിടുതൽ ഉണ്ടായില്ലെങ്കിലും അത് ദൈവനാമം മഹത്വത്തിനായി തീർന്നു നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് കൊല്ലപ്പെട്ടു ഹേരോതാവ് കൊല്ലുന്നു പക്ഷേ പത്രോസ് എന്ത് ചെയ്തു പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു ദൂരൻ വന്ന് മോചിപ്പിച്ചു നമുക്കിങ്ങനെ പറയാം പത്രോസ് വാളിൻ്റെ വായിക്ക തെറ്റി ആ പ്രത്യേക പക്ഷേ യാക്കോബോ വിശ്വാസത്താൽ തന്നെ വാളാൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം നൂറ്റിപ്പതിനാറാം സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ ചിന്തിച്ച വാക്യം ഓ ഞാൻ വലിയ കഷ്ടത്തിലായി വലിയ പ്രയാസത്തിലായി എന്നുള്ള കാര്യം ഞാനെ കണ്ടു പക്ഷേ ആ സമയത്ത് ഞാൻ എന്തു ചെയ്തില്ല ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത് ഞാൻ വലിയ കഷ്ടത്തിലായി എന്ന് പറഞ്ഞപ്പോഴും ആ മ ആ മലയാളത്തിലുള്ള സത്യത്തിൽ ഇങ്ങനെ ഒന്ന് തിരുത്തുന്നത് നിങ്ങൾ കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞു വരുന്നതുമായിട്ട് ചേർന്ന് വരുമായിരുന്നു ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചു പറഞ്ഞപ്പോഴും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു വലിയ വിടുതലോ ഒന്നും ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഒക്കെ തന്നെ നിലനിന്നേക്കാം പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഈ സങ്കീർത്തനക്കാരനെപ്പോലെ നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഐ കെറ്റ് മൈ ഫെയ്ത്ത് ഞാൻ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ ആ നിൽപ്പും വിശ്വാസത്തിൻ്റെ ഒരു നിൽപ്പാണ് അങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ ആത്യന്തികമായിട്ട് ദൈവത്തിന് മഹത്വമാണ് കൊണ്ടുവരുന്നത് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ചുരുങ്ങിയ സമയത്ത് എന്തുകൊണ്ടാണ് വിശ്വാസി ഇന്ന് ഈ നിലയിൽ കഷ്ടപ്പെടേണ്ടി വരുന്നത് ഞാൻ വലിയ കഷ്ടതയായി എന്നാണല്ലോ നമ്മൾ വായിച്ചത് എന്തുകൊണ്ടാ സത്യത്തിൽ നമുക്ക് ഇന്ന് ഭൂമിയിൽ കഷ്ടങ്ങൾ ഉള്ളത് എന്താ അതിൻ്റെ കാരണമെന്താ ആ കഷ്ടങ്ങളെ നമ്മൾ എങ്ങനെയാ നേരിടേണ്ടത് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ജയം കിട്ടുന്നത് ഈ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് അല്പസമയം കൊണ്ട് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ കഷ്ടങ്ങൾ ഉള്ളത് എന്താ കാരണം ഭൂമിയെ പെയ്യോ ഇങ്ങനെയാണോ സൃഷ്ടിച്ചത് അല്ല അല്ല റോബർക്ക് ലേഖന അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ കഷ്ടങ്ങൾ ഉണ്ടായത് അതിൻ്റെ ആദ്യ കാരണത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു പാപം വന്നതുകൊണ്ടാണ് മരണം മരണമാണല്ലോ കഷ്ടങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഏറ്റവും സൂപ്പർലെറ്റീവ് ഡിഗ്രി എന്ന് പറയാവുന്ന ഏറ്റവും അവസാനത്തെ കാര്യം അപ്പോൾ ഈ മരണം മരണത്തിൻ്റെ ആ അതിൻ്റെ ഭാഗമാണ് രോഗങ്ങൾ കഷ്ടതകൾ ദുഃഖങ്ങളൊക്കെ അപ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താലാണ് മരണവും വന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പം നമുക്കത് കാണാനായിട്ട് കഴിയും മൂന്നാമധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം എന്തോ ചെയ്യുന്നു ദൈവം ആ അതിൻ്റെ മൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വെച്ചാണ് നിന്റെ നീത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു അതുവരെ ഈ നിലയിൽ മുള്ളും പറക്കാരയും ഒന്നുമുള്ള ഒരു ഭൂമിയല്ല ദൈവം സൃഷ്ടിച്ചത് മനോഹരമായ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്ന വേദനകളില്ലാത്ത ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് കഷ്ടതകളില്ലാത്ത ഒരു ജീവിത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതോടെയാണ് ഈ ലോകത്തേക്ക് കഷ്ടങ്ങൾ കടന്നു വന്നത് അതാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ ഈ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ ആദ്യ കാരണമെന്ന് പറയുന്നത് സത്യത്തിലെ പാപമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കഷ്ടപ്പെടുമ്പം നമ്മൾ എന്താ തിരിഞ്ഞു നോക്കി പറയുന്നത് ഓ പാപമാണ് ഇത് കൊണ്ടുവന്നത് പാപമാകൊണ്ടുവന്നത് ചിലരെ അത് കാണാതെ ചിലരെന്തോ പറയും ദൈവമേ നീ ഇതല്ലോ എനിക്ക് അനുവദിച്ചല്ലോ ദൈവത്തെ ആ കുറ്റം പറയുന്നു നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ഹോ ദൈവം എന്തോ ഒരു എനിക്ക് കഷ്ടത അനു അനുവദിച്ചല്ലോ ദൈവം കഷ്ടത കൊണ്ടുവന്നത് നമ്മൾ റോമർ അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ വയസ്സ് ഏക മനുഷ്യനാൽ പാപവും പാപത്താലാണ് ഈ മരണവും പാപത്താലാണ് ഈ കഷ്ടതകളും ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ കഷ്ടപ്പെടുമ്പം നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അത് ചരിത്രപരമായി ശരിയല്ല ഒരു നിലയിലും അത് ശരിയല്ല മറിച്ച് എന്താ മനുഷ്യനാണ് മനുഷ്യന്റെ ആ പാപത്തിന്റെ ഫലമാണ് ഈ ഭൂമിയിലുള്ള കഷ്ടതകൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ വിയർപ്പ് വിശപ്പ് അധ്വാനം നിലവിളി എല്ലാം അതുമായിട്ട് ചേർന്ന ദൈവമല്ല അതിൻ്റെ പിന്നിലുള്ള നമുക്ക് ഇപ്പൊ ഇതിൻ്റെ ആദ്യ അല്ലല്ലോ നമ്മുടെ പ്രശ്നം ഈ കഷ്ടതകൾ വരാനായിട്ടുള്ള കാരണങ്ങൾ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ് മറ്റ് കാരണങ്ങൾ നമ്മൾ തന്നെ നമ്മൾ വിശ്വാസികളായ ആളുകൾക്കും അവിശ്വാസികളെപ്പോലെ എന്തുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു വാക്യം നമ്മൾ കണ്ടിട്ടുണ്ടോ എല്ലാത്തിൽക്കെതിരെ ലേഖനം ആറാം അധ്യായത്തിലാണത് നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നമുക്ക് കഷ്ണങ്ങൾ ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത് ആറാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അത് ഈ ലോകമനുഷ്യൻ മാത്രമല്ല വിതയ്ക്കുന്നത് കൊയ്യുന്നത് വിശ്വാസിയാണെങ്കിലും അവൻ നിലവിൽ ദൈവം വെച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ലംഘിച്ചാൽ എന്തോ സംഭവിക്കും അത് ലംഘിച്ച് അവൻ തെറ്റുകൾ ചെയ്താൽ അവൻ ദൈവകല്പനെ അനുസരിക്കാതെ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ വിട്ടുപോയാൽ അവനും എന്തു ചെയ്യും അവനും വിതച്ചത് കൊയ്യും നമ്മളിപ്പോൾ അല്ലാതെ വിശ്വാസിക്ക് ഇതിൻ്റെ അകത്തു നിന്നും ഒരു ഒഴികഴിവില്ല ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല ഏഹ് വിശ്വാസിയാണല്ലോ ആ ഞാന് എന്ന് പറഞ്ഞ് നമ്മൾ കോഴഞ്ചേരി ടൗണിൽ കൂടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയാൽ പോലീസ് കൈ കാണിച്ച് അവിടെ നിർത്തും ഉടനെ കൈയോടെ ഒരു സാധനം എഴുതി നമുക്ക് തരും അപ്പോൾ നമ്മൾ പറയുക ഞാൻ നീ വിതച്ചത് നീ കൊയ്യും അവിശ്വാസിയാണെങ്കിലും വിതച്ചത് കൊയ്യും വിശ്വാസിയാണെങ്കിലും വിതച്ചത് കൊയ്യും നമ്മളൊരു വാക്യം ഓർക്കുന്നുണ്ടല്ലോ അതായത് മതിൽ കുളിക്കുന്നവനെ പാമ്പ് കടിക്കും വളരെ വളരെ ഡൗൺ ടു ചില പ്രയോഗങ്ങളൊക്കെ ബൈബിളിലുണ്ട് ശ്രദ്ധപ്പെട്ടു മതിൽ പൊളിക്കുന്നതിനെ എന്തു ചെയ്യും പാമ്പ് കടിക്കും നീ മതിൽ പൊളിക്കുകയും വേണം പാമ്പ് കടിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ഞാൻ സി എഫ് സിയിലെ അംഗമാണെന്നും അവിടെ എന്തില്ല അവിടെ ഒരു ഒഴി കണ്ണി കണ്ടതെല്ലാം എടുത്ത് കഴിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് നാലു നേരത്തിന് പത്ത് നേരം ഭക്ഷണം കഴിച്ചു എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ നീ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിശ്വാസിക്കായാലും വിശ്വാസിക്കായാലും ദൈവം വച്ചിരിക്കുന്ന പ്രമാണത്തെ ലംഘിച്ചാൽ വിതച്ചത് കൊയ്യും വിതച്ചത് കൊയ്യും അപ്പം നമ്മൾ ആ കാര്യം ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വരുന്ന ചില കഷ്ടങ്ങൾ കഷ്ടങ്ങളുടെ തുടക്കം നമ്മൾ പറഞ്ഞു പാപത്തിൽ നിന്നാണ് ആണെന്ന് പറഞ്ഞു അതേസമയം തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ കടന്നു ചില കഷ്ടങ്ങളുടെ കാരണം നമ്മുടെ തന്നെ വിതച്ചത് നമ്മൾ കൊയ്യുകയാണോ നമ്മൾ മതിൽ പൊളിച്ചത് പാമ്പ് കടിച്ചതാണോ എന്നുള്ള കാര്യം നമ്മളെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കഷ്ടങ്ങൾ പലതും ആരാ കൊണ്ടുവരുന്നത് ദൈവമല്ല ദൈവം ദൈവം ആ വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ അടുത്തു നിന്ന് നൽവരങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് എന്തില്ല എന്നാൽ ഈ തിന്മകള് ആര് വഴിയാ നമുക്കറിയാം പിശാജു വഴിയാ വരുന്നത് യോബിന്റെ ചരിത്രം നമുക്കറിയാം യോബ് ഊസ് ദേശത്ത് ദൈവത്തെ ഭയപ്പെട്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോരുമ്പോൾ പിശാജ് വന്ന് അവന് ആളുകൾ ഭംഗിയായിട്ടും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുന്നത് ആർക്കിഷ്ടമല്ല പിശാജും ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ ഇപ്പോൾ വന്നിട്ട് ദൈവത്തോടൊരു നിവേദനം നടത്തി ഇവനെ നമുക്കൊന്ന് അപ്പോൾ ഈ പിയോവിന് വന്ന പരീക്ഷകരൊക്കെ ആരാ കൊണ്ടുവന്നത് അതിൻ്റെ പിന്നിൽ ആരായിരുന്നു അതിൻ്റെ പിന്നിൽ പിശാജായിരുന്നു പക്ഷേ ആ പിശാജ് ഒരു ദൈവമനുഷ്യനെ ആ നിലയിൽ പരീക്ഷിക്കാൻ അവന് ദൈവത്തിൻ്റെ അനുവാദം ആവശ്യമായിരുന്നു ദൈവത്തിൻ്റെ അനുവാദം നമുക്കിന്ന് വരുന്ന ചില പരീക്ഷകൾ ഒരു പക്ഷേ നമ്മുടേതായ തെറ്റുകൊണ്ടല്ല നമ്മൾ മുമ്പേ പറഞ്ഞ നമ്മൾ മതിൽ പൊളിച്ചത് വരുന്ന കഷ്ടമല്ല ഇയോബ് ഒരു മതില് പൊളിച്ചതുകൊണ്ടല്ല യോബിൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടങ്ങളെല്ലാം ഉണ്ടായത് അവൻ്റെ സമ്പത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മരിച്ചു പോയതും ഒന്നും യ്യോബിൻ്റെ ഭാഗമല്ല മറിച്ച് എന്താ പിശാജിന്റെ പ്രവൃത്തിയാണ് പിശാജിൻ്റെ പ്രവൃത്തിയാണ് പക്ഷെ ആ പിശാദ് ഒരു ദൈവമകനെ ഉപദ്രവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുമതി വേണമല്ലോ ദൈവം എന്തിനാ അനുമതി കൊടുത്തത് നമുക്ക് നമ്മളെ ഒന്ന് അങ്ങനെയുള്ള ചില കഷ്ടങ്ങളിലൂടെ കടത്തി വിടാൻ ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു ഓ നമുക്കറിയാം കഥയുടെ അവസാനം നമ്മൾ വായിച്ചിട്ടുണ്ട് യോഹിൻ്റെ പുസ്തകം നമ്മൾ ഇതെല്ലാം നേരത്തെ വായിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ ഒന്നും അത്ഭുതം പലപ്പോഴും തോന്നിയില്ല എന്താ ഒടുവിൽ സംഭവിച്ചത് നീ എന്നെ ശോധന വരിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും പൊന്നുപോലെ പുറത്ത് വരും ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വൈകിളിലെ ആദ്യത്തെ പുസ്തകമായിട്ട് കാലഘടനയനുസരിച്ച് എഴുതപ്പെട്ടത് യോവിൻ്റെ പുസ്തകമാണെന്നാണല്ലോ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ എത്രയോ തലമുറകളായിട്ട് ആളുകളെ വിശ്വാസികളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യോവിൻ്റെ ചരിത്രം ആ ഒരു സുവർണ നക്ഷത്രം പോലെ ഇങ്ങനെ നിൽക്കുന്നു യോവിനങ്ങനെ അങ്ങനെ പീഡിപ്പിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും അതിൽ നിന്ന് വിജയകരമായിട്ട് പുറത്തു വരികയും നമുക്ക് യോബൊരു മാതൃകയായിട്ടാകുമായിരുന്നില്ല യോബിൽ നിന്ന് നമുക്ക് പ്രചോദനം സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ ദൈവം അങ്ങനെ യോബിനെ പരീക്ഷിക്കാൻ പിശാദിനെ അനുവദിച്ചതിൽ അവൻ്റെ വിശ്വാസം ആ നിലയിൽ വെളിപ്പെടാനും അത് അനേകർക്ക് ധൈര്യമായി തീരാനും വേണ്ടി ദൈവം വച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ചില കഷ്ടങ്ങളിലൂടെ കടന്നു സത്യത്തിൽ അതെ വിടുതലിൽ മാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു നമ്മൾ മാത്രമുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് ഞാനേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഭയിൽ പോകാനായിട്ടിടയായി അവിടെ ഒരു സഹോദരി എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നു ചിരിച്ചോണ്ടിരിക്കുന്നു ഒരു സഹോദരി ആ കൊള്ളാം അപ്പം ഈ സഹോദരി വന്നിറങ്ങിയപ്പോൾ അവർക്ക് നടക്കാൻ വയ്യ ആളുകളെല്ലാം കൂടെ സഹോദരിമാരെല്ലാം കൂടെ ഒരു കസേരയില് എടുത്ത് ഇരുത്തിക്കൊണ്ട് ആ കഷരയോടെ എടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിൽ മീറ്റിങ് നടത്തുന്ന നടത്തുക അപ്പോൾ ആ സൗകര്യയോടൊപ്പം ഒരു കൊച്ചു കുഞ്ഞുണ്ട് ഒരു പെൺകുഞ്ഞുണ്ട് ആ പെൺകുഞ്ഞ് മെൻ്റലി റീറ്റാബഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മാനസികമായിട്ട് വളർച്ച ഒരു കുട്ടിയാണ് ഞാൻ മീറ്റിങ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സഹോദരം പറഞ്ഞു ഈ സൗകര്യോട് അല്പനേരം സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവളോട് അല്പനേരം സംസാരിച്ചു വളരെ വളരെ വളരെ വിഷമകരമായ ഒരു അനുഭവമാണ് അവൾക്കുള്ളത് അവൾ വിവാഹിതയായി ആദ്യത്തെ കുഞ്ഞ് പിറന്നു ആദ്യത്തെ കുഞ്ഞ് ഒരു ആൺകുഞ്ഞ് ആൺകുഞ്ഞ് പിറന്ന് രണ്ടാമത്തെ കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോൾ ആ രണ്ടാമത്തെ പെൺകുഞ്ഞ് മെൻറ്റലി റീറ്റാർഡായിട്ട് മാനസിക വളർച്ചയില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഇന്ന് തന്നെയല്ല ആ പ്രസവത്തോടെ അവൾ തളർന്നു പോയി ഒരു ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസില് ജോലി ചെയ്തിരുന്ന ഒരു സഹോദരിയാണ് പക്ഷേ ഈ രണ്ടാമത്തെ പ്രസവത്തോടെ ആ പ്രസവത്തിലുണ്ടായ എന്തോ പ്രോബ്ലം കൊണ്ട് അവൾ തളർന്നു പോയി ഇപ്പോഴവൾക്ക് തന്നെ നടക്കാൻ വയ്യ എവിടെയെങ്കിലും സൗരന്മാർ കാറെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയ ചെന്ന് ആളുകൾ എടുത്തുകൊണ്ട് വേണം കസേരയെ കൊണ്ടുവന്ന് ഇരുത്താൻ ഇത് കൂടാതെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവ് എന്തു ചെയ്തു ഭർത്താവ് മൂത്ത കുട്ടിയുമായിട്ട് ഭർത്താവ് ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക് പോയി എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോടതിയിൽ അദ്ദേഹം പറയുന്നത് ഒരു കുടുംബജീവിതം നയിക്കാൻ ഇവൾ പ്രാപ്ത അല്ല ഇങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ അങ്ങനെ ആ ജീവിതം കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം അനുവദിക്കാം വിവാഹമോചനത്തിന് നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് ഇതുകൂടാതെ ആ സഹോദരിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അവരുടെ അമ്മയാണ് അവരൊരു റിട്ടയർഡ് നേഴ്സായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പെൻഷൻ കിട്ടുന്ന കുറച്ച് പണമുണ്ട് ആ പണം കൊണ്ടാണ് ഈ മോളുടെയും കൊച്ചുകുട്ടിയുടെയും കാര്യം നോക്കിക്കൊണ്ടിരുന്നത് ആ അമ്മ ഞാൻ ഈ കാണുന്നതിന് ചില ദിവസം ചില നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി നോക്കുക ഇതെല്ലാമാണ് സാഹചര്യം പക്ഷേ ആ സാഹോദര്യം എന്താ സഹോദരി ചിരിക്കുക എങ്ങനെയാണ് ചിരിക്കാൻ നോക്കുന്നു ഒരു വെറുതെ ആ പ്രിയപ്പെട്ടവരെ നോക്കുക ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കൊരു വകയില്ല പ്രതീക്ഷയ്ക്കൊരു വകയില്ല തൻ്റെ ജീവിതം ഈ നിലയിലായിപ്പോയി ജോലി നഷ്ടപ്പെട്ടു ഭർത്താവ് ഉപേക്ഷിച്ചു ഈ വയ്യാത്ത ഈ കുഞ്ഞിനെ ആര് ആര് വളർത്തും സഹായത്തിനുണ്ടായിരുന്ന അമ്മയും മരിച്ചുപോയി ആകെയുള്ള സഹായം എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശിക സഭയാണ് ആ പ്രാദേശിക സഭയിലെ സഹോദരങ്ങൾ അന്യോന്യം അന്യോന്യം മത്സരിച്ച് പോലും ഈ സഹോദരിയെ ശുശ്രൂഷിക്കാനും എടുത്തുകൊണ്ട് വരാനും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടേറിയ കഷ്ടതയിലായ സാഹചര്യമാണ് സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് പക്ഷേ ആ സാഹചര്യത്തിലൂടെ ദൈവത്തിൻ്റെ ഹിതം എന്തായിരിക്കും നമ്മളിതൊക്കെ ആലോചിച്ച് പോയാൽ പലതിനും മറുപടി കിട്ടുകയില്ല ഈ ഒമ്പ കഷ്ടങ്ങളിലൂടെ കടന്നു പലരും വിചാരിച്ചു ദൈവം എന്തിനാ എങ്ങനെ അനുവദിച്ചത് പക്ഷേ അതിൽ നിന്ന് അവൻ പൊന്നുപോലെ പുറത്തു വന്നപ്പം കാര്യങ്ങൾ ദൈവത്തിന് മഹത്വമായി തീർന്നു നമ്മൾ ഇവിടെ പറഞ്ഞു ചിലപ്പോൾ അതിൽ നിന്ന് വന്നില്ലെന്നും ഇരിക്കും വാളിൻ്റെ വായിക്കു ചിലർ തെറ്റി ചിലർ വാളാൻ കൊല്ലപ്പെട്ടു പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ അങ്ങനെ ആയാലും ഞാൻ വലിയ കഷ്ടത്തിലായി എന്ന് ഞാൻ വിചാ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല എന്ന് നൂറ്റി പതിനാറാം സം നമ്മൾ വായിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ട് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട് നമ്മൾ പലപ്പോഴും ഈ യോമിനെ കുറിച്ചും വലിയ വലിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഇടയിൽ തന്നെ എത്രയും പേര് ആ പല നിലയിലുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഈ പാപം ഈ ലോകത്തില് പിശാജിന്റെ ചില പ്രവർത്തികൾ കൊണ്ട് നമുക്ക് കഷ്ടങ്ങൾ പിശാജിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിനെതിരെ സർവായുധവർഗം ധരിക്കുന്നതിനെ കുറിച്ച് എഫ് എ സർക്കിളിന്റെ ലേഖനം നമ്മൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ പത്താമത്തെ വാക്യം മുതൽ ഒടുവിൽ കർത്താവിലും അതിൻ്റെ അഭിതബലത്തിലും ശക്തിപ്പെടുത്തി പിശാദിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തി നിൽക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സർവ്വായുധവർഗ്ഗം ധരിച്ചുകൊള്ളുമേ എന്ന് പറഞ്ഞിട്ട് ആ സത്യം നീതി എന്ന കവചം സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാൽ ഇന്ന് ചെരുപ്പ് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ എടുക്കുവാനൊക്കെ വിശ്വാസം എന്ന പരിച ഇങ്ങനെയുള്ള സർവായുധവർഗം ധരിച്ചാണ് വിശ്വാസം നിൽക്കേണ്ടത് ചിലപ്പോ നമുക്ക് ഈ സർവായുധവർഗങ്ങളിൽ ഒന്നില്ല എന്നിരിക്കട്ടെ ഒരു കാര്യത്തിൽ നമുക്കൊരു വീഴ്ചയുണ്ട് അപ്പോൾ പരിചയ ഈ ഈ ആള് ഇവിടെ ഈ പറയുന്ന എഫേസിലേക്കനം ആറിൻ്റെ പത്ത് മുതൽ പറയുന്നിടത്ത് വരച്ച് കാണിച്ചിരിക്കുന്ന ആ വിശ്വാസവീരൻ അദ്ദേഹത്തിന് പരിചയമില്ലായിരുന്നു എന്നിരിക്കട്ടെ പരിചയമില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാം ചിലപ്പോൾ ഈ പിശാചിൻ്റെ അവനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ്റെ ചില വെട്ടുകൾ കൊള്ളാനായിട്ടിടയുണ്ട് നമ്മൾ കഷ്ണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിശാചനെ എന്ന് പറഞ്ഞാലും നമ്മുടെ സർവായുധവർഗത്തിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നീട് നമുക്ക് ഈ ലോകത്ത് കഷ്ടങ്ങൾ ഉള്ളത് കഷ്ടങ്ങൾ പലപ്പോഴും പാപത്തിനെതിരെ പോരാടുമ്പം നമുക്ക് കഷ്ടമുണ്ട് നമ്മൾ ഒന്ന് പത്രോസ് നാലാമധ്യായത്തിലേക്ക് വരുമ്പം അവിടെ അത് മനോഹരമായ ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവ് യേശുക്രിസ്തുവിനോട് ചേർന്നാണ് അത് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് നിങ്ങളും ആ പാവം തന്നെ ആയുധമായി തരിപ്പേൻ ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തെ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന് പാവം വിട്ടൊഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഈ വാക്യം പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെയും നമ്മൾ നമ്മൾ നമ്മുടെ നമുക്ക് വരുന്ന ആ നിലയിലുള്ള പരീക്ഷകൾ പ്രലോഭനങ്ങൾ പാപം ചെയ്യാനായിട്ടുള്ള പരീക്ഷകൾ അതിൻ്റെ മുമ്പാകെ ആ മോഹങ്ങൾക്ക് മുമ്പാകെ ആ മോഹങ്ങളോട് നമ്മൾ വേണ്ട എന്ന് പറയുമ്പം നമുക്കെന്തുണ്ട് നമുക്കൊരു കഷ്ടമുണ്ട് അല്ലേ പാപം ചെയ്യുന്നതാണ് ജഡത്തിൽ എന്ത് ജഡത്തിൽ സുഖം ജഡത്തില സുഖം എന്ന് പറയുന്നത് പാപപ്രലോഭനങ്ങൾക്ക് കീഴടങ്ങുന്നതാണ് എന്നാൽ പാപപ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുമ്പം വേണ്ട ഞാനതിനങ്ങനെ മറുപടി പറയുകയില്ല എന്നെ ആക്ഷേപിച്ച് അവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഞാനതിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ നാക്കിനെ അടക്കി വയ്ക്കുമ്പം നമ്മൾ ഉള്ളിൽ എന്തറിയുക ഉള്ളിലൊരു കഷ്ടമറിയ അപ്പോൾ ചില കഷ്ടങ്ങൾ പാപത്തോടുള്ള നമ്മുടെ എതിർത്ത് നമ്മുടെ ആന്തരികമായ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടും നമുക്ക് കഷ്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ പാപകരമായ ലോകത്തെക്കുറിച്ചുള്ള ആ ലോകത്തിനെതിരെ ഉള്ള നമുക്ക് ദൈവീകമായ ഒരു ദുഃഖത്തോടെ നമ്മൾ ഇടിവിൽ നിൽക്കുമ്പോഴും നമുക്ക് എന്തുണ്ട് നമുക്ക് വിഷമമുണ്ട് നമുക്ക് കഷ്ടമുണ്ട് ഇല്ലേ സഭയിൽ ചില കാര്യങ്ങൾ വരുന്നു നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തന്നു നമ്മൾ അതിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കഷ്ടത്തിലൂടെ ആ രമായ ചില കാര്യങ്ങൾ ഓ സമൂഹത്തിൽ വരുന്നു ഇന്നത്തെ സമൂഹത്തിൽ വരുന്ന തെറ്റായ ചില പ്രവണതകൾ ഇതൊക്കെ കണ്ട് ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ വല്ലാതെ ഞെരുങ്ങിപ്പോവും കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കർത്താവ് ഒരിക്കൽ എരിസ്ലൈമിൽ ചെന്നപ്പം എന്ത് ചെയ്തു എരിസ്ലൈം നഗരത്തെ നോക്കി കർത്താവ് കരഞ്ഞു കർത്താവ് എന്തെങ്കിലും എരിസ്ലൈം നഗരത്തെ നോക്കി കരഞ്ഞു യരിസ്ലൈം നഗരത്തിൽ ദൈവഹിത പ്രകാരം നടക്കേണ്ടതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന കണ്ടപ്പോൾ ഇരുസ്ലിമി എന്ന് പറഞ്ഞ് കർത്താവ് കരയുക തൻ്റേതല്ലാത്ത ഒരു കാര്യത്തിന് കർത്താവ് ഏറ്റെടുക്കുക ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഒരു ഹൃദയം ഇന്ന് നമ്മൾ പങ്കിടുന്നുണ്ടെങ്കിൽ നമ്മളും ചിലപ്പം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യശ്രത നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ നമ്മളും ഒരു കഷ്ടത്തെ ചിലപ്പോൾ വരും ഞാനാ പറഞ്ഞു വന്നത് കഷ്ടങ്ങളുടെ കാരണങ്ങളാണല്ലോ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ കഷ്ടങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ കഷ്ടത്തിൻ്റെ ആദ്യ പാപമാണെന്ന് പറഞ്ഞു റോമറാജിൻ്റെ പന്ത്രണ്ട് പറഞ്ഞു രണ്ടാമത് നമുക്കുണ്ടാകാവുന്ന ചില കഷ്ടങ്ങൾ നമ്മുടെ തന്നെ വിതച്ചത് കൊയ്യുന്നതാകാം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാകാം പിശാചിനെ ദൈവം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ പിശാജിനെതിരെയുള്ള നമ്മുടെ സർവായുധ വർഗത്തിൽ എവിടെയെങ്കിലും ഒരു വിടവ് ഒരു വിള്ളൽ ഉണ്ടായതുകൊണ്ടാവാം അതുമൂലം നമ്മൾ ഈ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പിന്നീട് നമ്മൾ പറഞ്ഞത് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഈ ലോകത്ത് പാപം നിറഞ്ഞ ഈ ലോകത്ത് വിശുത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ട് നമ്മളായിരിക്കുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ പാപപ്രലോഭനങ്ങളോട് നമ്മൾ പലപ്പോഴും നോ വേണ്ട വേണ്ട വേണ്ട എന്ന് പറയുമ്പം ഉള്ളിൽ നമ്മൾ ഒരു കഷ്ടമറിയുന്നുണ്ട് അതുപോലെ ഇന്നത്തെ സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിൽക്കുമ്പോൾ മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നമ്മളൊരു കഷ്ടം അറിയുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരുന്ന കഷ്ടങ്ങൾ പലതും ഓ പിശാദിലൂടെ വരുന്നത് നമ്മുടെ സർവാധുന വർഗത്തിലെ വിടവ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ തീക്ഷ്ണത കൊണ്ട് വരുന്നത് നമ്മുടെ മധ്യസ്ഥത കൊണ്ട് നമുക്ക് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കഷ്ടങ്ങൾ വരുന്നത് ഏതായാലും നമുക്ക് എന്തുണ്ട് ഭൂമിയിൽ നമുക്ക് കഷ്ടമുണ്ട് അതാരാ പറഞ്ഞത് കർത്താവ പറഞ്ഞു യോഹനേൻ്റെ സുവിശേഷം ഈ യോഹനന്റെ സുവിശേഷത്തിലാണ് നമ്മൾ ആ വാക്യം നമ്മൾ കാണുന്നുണ്ട് എന്താ പറയുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് പതിനാറാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം നിങ്ങൾക്ക് എന്നെ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് കണ്ടോ കണ്ടോ നമ്മൾ ഈ വാക്യം കർത്താവൊക്കെ പറയുന്ന വാക്യങ്ങൾ വേഗത്തിലങ്ങ് വായിച്ചു വിടരുത് നമ്മൾ ഉണ്ട് ഇവിടെ വായിച്ചത് പതിനാറിൻ്റെ പതി മുപ്പത്തിമൂന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് എന്തുകൊണ്ട് കഷ്ടമുണ്ട് സമാധാനം ഉണ്ടാകേണ്ടതിന് പറയാൻ കൊണ്ടാകുന്ന കാര്യമാണോ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നുള്ളത് പലപ്പോഴും ഡയങ്ങളും ഇങ്ങനെയാണ് കർത്താവ് പറയുക നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് പക്ഷേ കണ്ടോ അവിടെ ഒരു ചെറിയ പ്രയോഗമുണ്ട് നിങ്ങൾക്ക് എന്നിൽ സമാധാനം നമുക്ക് കഷ്ടമുണ്ട് ആ കഷ്ടങ്ങളുടെ നടുവില് നമുക്ക് ദൈവത്തിൽ ദൈവത്തിലാണ് സമാധാനം എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൽ ഞാനേ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമുക്ക് കഷ്ടങ്ങളുണ്ട് നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്കൊരു കഷ്ടങ്ങൾക്ക് അതീതരല്ല നമ്മൾ നമുക്ക് പ്രയാസങ്ങളുണ്ട് പക്ഷെ ആ പ്രയാസങ്ങളിലൂടെ നമ്മളെ ദൈവം കടത്തിവിടുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ആട്ട ഇനി നമുക്ക് നോക്കാം ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് അവിടെ നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്താകുന്നില്ല ദൈവം നിഷ്ക്രിയനായിട്ടിരിക്കുന്നില്ല ദൈവം അവിടെ വളരെ ആക്റ്റീവാണ് നമുക്ക് വളരെ പരിചിതമായൊരു വാക്യം ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന നാലാമത്തെ വാക്യം ഇരുപത്തിമൂന്നിൻ്റെ നാല് നമ്മുടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന ക്രിസ്ത്യാനിക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രിവിലേജിനെ കുറിച്ച് അവിടെ പറയുന്നു കൂരരിൽ താഴ്വരയിൽ കൂടെ കട നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല ഓമ്പടാ അതുകൊള്ളാം നമ്മൾ തെർന്ന് വെച്ച് പോകല്ലേ എന്തായിപ്പോ നമ്മൾ വായിച്ചത് കൂരരൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല ഇതാരെ ഈ ആൾ നമ്മള് ടിക്കറ്റ് വെച്ച് കാണേണ്ട ഒരാളാ അല്ലേ സൂപ്പർമാൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഉരുക്ക് മനുഷ്യ പണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന് ഉരുക്ക് മനുഷ്യനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ഒരു ഉരുക്ക് മനുഷ്യന്റെ കാര്യമായിട്ട് നമുക്ക് തോന്നും എന്താ ഞാനുണ്ടല്ലോ ഞാൻ കൂരരൽ താഴ്ന്നിൽ കൂടെ കടന്നാലും ഞാൻ എന്തോ ചെയ്യേല ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല ആ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ എന്താ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല എങ്ങനെയാ അവിടെ കൂരരൽ താഴുകൾ കൂടെ കടക്കുമ്പോൾ ഭയപ്പെടാതിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ ഭയപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് മീയ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ യുവർ വി കർത്താവ് നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂരുകൾ തൈവരിൽ ഭയപ്പെടാതിരിക്കുന്നത് എനിക്ക് നിനക്ക് കഷ്ടങ്ങളുണ്ട് പക്ഷെ ആ കഷ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ കഴിയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും സുഖത്തിൻ്റെ ഘട്ടത്തിലല്ല അവൻ നല്ലവനെന്ന് രുചിച്ചറിയുന്നത് നമ്മുടെ പ്രയാസങ്ങളുടെ ഘട്ടത്തിലാണ് പ്രയാസങ്ങളുടെ ഘട്ടത്തിലാണ് നമ്മുടെ വിഷമങ്ങളുടെ ഘട്ടത്തിലാ കർത്താവിനെ നമ്മൾ കൂടുതൽ രുചിച്ചറിയുന്നു അവൻ്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ മധുരോധാരമായി തീരുന്നു ഏഷ്യ അവൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇപ്പം നമ്മൾ വായിച്ചതുപോലെ തന്നെ ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും ഏഷ്യ അവൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അവിടെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ വായിക്കുക രണ്ടാമത്തെ വാക്യം നീ വണ്ണത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ ഹോവ എന്ന് ഞാൻ ഞാൻ നിൻ്റെ രക്ഷകൻ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പറഞ്ഞു നീ എനിക്കുള്ളവൻ തന്നെ കണ്ടോ ദൈവത്തിനുള്ളവനാ ദൈവത്തിനുള്ളവനാ ദൈവം എന്ത് ചെയ്തിരിക്കുക ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുക നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ടാം വാക്യം നമ്മളെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് പോരാഞ്ഞിട്ട് പിന്നെ നിർമ്മിച്ചു പിന്നെയും പറഞ്ഞിരിക്കുക സൃഷ്ടിച്ചു നിർമ്മിച്ചു എന്നിട്ട് നീ എനിക്കുള്ളവനാണ് നിന്നെ ഞാൻ പേർചൊല്ലി വിളിച്ചു ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിൻ്റെ പേരറിയായിരുന്നു നിന്നെ പേർ ചൊല്ലി വിളിച്ചിരു വിളിച്ചു നിന്നെ സമയത്ത് വീണ്ടെടുത്തു നീ അതിൻ്റെ നാലാമത്തെ വാക്യം കണ്ടോ നിന്നെ ഞാൻ എന്താ കണ്ടിരിക്കുന്നത് എനിക്ക് വിലയറിയവനായിട്ടാണ് കണ്ടേക്കുന്നത് മാന്യനായിട്ടാണ് കണ്ടിരിക്കുന്നത് ഞാൻ എന്താ ചെയ്തു നിന്നെ സ്നേഹിച്ചു നിനക്ക് പകരം ജാതികളെയും നിൻ്റെ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത് ദൈവം ഇത്രയേറെ കാര്യങ്ങൾ നമ്മളോട് ചെയ്തു പക്ഷെ അങ്ങനെ ചെയ്തിട്ടും അങ്ങനെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടും ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടും ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടും ദൈവത്താൽ പേർ ചൊല്ലി വിളിക്കപ്പെട്ടിട്ടും ആൾ എന്ത് തീയിലൂടെ കടക്കുന്നു വെള്ളത്തിലൂടെ കടക്കുന്നു അപ്പം പറയല്ലേ ഞാന് ദൈവത്തേൻ്റെ മകനാണ് അതുകൊണ്ട് എനിക്ക് തീയിലും വെള്ളത്തിലൂടെ ഒന്നും ഞാൻ കടക്കേണ്ടതായിട്ട് വരികയല്ല ദൈവം അതിൽ എന്നെ വിടുവിച്ചോളും എന്ന് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ആ നിലയെ കൊണ്ടുവന്ന് മറിച്ച് എന്താ നമ്മൾ ദൈവത്തിന് വീണ്ടെടുക്കപ്പെട്ടവനാ ദൈവത്തിന് പ്രിയപ്പെട്ടവനാ ദൈവം സ്നേഹിക്കുന്നവനാ ദൈവം നമ്മളെ മാന്യനെന്ന് എണ്ണിയിരിക്കുന്നു ഇതെല്ലാം ശരിയായിട്ടും അങ്ങനെയുള്ള ആളും ഏതിലൂടെ കടക്കുന്നു നദിയിലൂടെ കടക്കുന്നു തീയിലൂടെ കിടക്കുന്നു പക്ഷേ അങ്ങനെ കടക്കുമ്പം അത് നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മുകളിലേക്ക് ദൈവം അനുവദിക്കയില്ല ഒന്നുകൊരിന്തര പത്താമധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യമാണല്ലോ അത് നമ്മള് സഹിപ്പാൻ കഴിയുന്നതിൽ കൂടുതൽ പരീക്ഷ ദൈവം നമുക്ക് അനുവദിക്കുകയില്ല അത് അതിനോടുകൂടെ നീക്കുപോക്കും ദൈവം തരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ കൂടിയ താൽമരയിൽ വെച്ച് സങ്കീർത്തനക്കാരൻ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞതുപോലെ ഇവിടെ ഇതാ യശയ്യാവും നാൽപ്പത്തി മൂന്നിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ആ യശയ്യാവും തൻ്റെ വെള്ളത്തിലൂടെ നദിയിലൂടെ കിടക്കുമ്പോഴും തീയിലൂടെ കിടക്കുമ്പോഴും ഒക്കെ ദൈവത്തെ താന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആ കൂടുതൽ അനുഭവിച്ചറിയുക ചെയ്യുന്നു നമ്മളീ പ്രവാചകന്മാരുടെ പഴയ നിയമഭക്തന്മാരുടെയൊക്കെ കഥകൾ പഠിക്കുമ്പോൾ യശയാവിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു യശയാവിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു യശയാവിന് ഇരമ്യാവിനെ ദൈവം എങ്ങനെയായിരുന്നു വിടുവിച്ചത് ഇരമ്യാവിന് പല പ്രയാസങ്ങളുണ്ടായിരുന്നു പക്ഷേ ദൈവം എന്ത് ചെയ്തു അവനെ വിടുവിച്ചു വിടുവിച്ചു നമ്മൾ ആ ഭാഗം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്നാ യേശയ്യാവോ യശ്യാവിൻ്റെ ചരിത്രം പറയുന്നത് നമ്മൾ മുമ്പേ എബ്രഹനം പതിനൊന്നിൽ വായിച്ച പോലെ ചിലർ ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ആ യശയ്യാവിനെ വാളാൻ അറുത്തു കൊല്ലുകയായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ കണ്ടോ ദൈവം വിടുവിക്കുന്നു ദൈവം ചിലപ്പോൾ ചെയ്യുന്നില്ല വാളിൻ്റെ വായിക്കു ചിലപ്പോൾ തെറ്റും ചിലപ്പോൾ വാളാൽ കൊല്ലപ്പെടും പക്ഷേ ഞാൻ എന്തു ചെയ്യുകയില്ല ഞാനെന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ പറഞ്ഞ യശയ്യാവിൻ്റെ ജീവിതത്തിൽ തന്നെ ഈർച്ച വാളാൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വരിക നമ്മൾ എബ്രാഹർ ലേഖനം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പം പതിനാലാമത്തെ അധ്യായത്തിൽ വരുമ്പം അവിടെ ഇതാ എബ്രാഹിം ലേഖനം നാലാമധ്യായത്തിൽ നാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നതിനെ കുറിച്ച് ഓ കുരുകൾ താഴ്വകൾ കൂടെ കടക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെ ഇരിക്കും തേയില വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ നമ്മുടെ ഉടമ്പടിയിലേക്ക് വന്നപ്പോഴോ നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടെങ്കിലും താനെ പാപം ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ധൈര്യത്തോടെ കടന്നു പ്രിയരേ നമ്മൾ പഴയ നിയമത്തിൽ വായിച്ച കഷ്ടങ്ങളിലൂടെയും ഓ ദാനിയലിൻ്റെ ആള് ദാനിയലിൻ്റെ കൂട്ടുകാരെ ചന്ദ്രകമേശ കവേന്ദ്രനോ തീയിലൂടെ കടന്നു തീയിലൂടെ കടന്നു തീയിലൂടെ കടന്നപ്പോൾ പക്ഷേ അവിടെ ആരുണ്ട് നാലാമനായിട്ട് വേറൊരാൾ വന്നു വേദശാസ്ത്രീകൾ പലർ പറയുന്നത് ചിലടത്ത് ദൂതനായിട്ട് പഴയ നിയമത്തിൽ വന്നിട്ടുള്ളതുള്ളത് ചിലത് പുത്രൻ തമ്പുരാനാണ് കർത്താവ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്തിനാ തീയിലൂടെ അവരുടെ ഒപ്പം നടന്നത് അവരുടെ സ്വർഗത്തിലിരുന്ന് ഈ കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ പോരായിരുന്നു പക്ഷെ ദൈവം അവരോടൊപ്പം നടന്നു പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോ നിയമത്തിലേക്ക് വന്നപ്പോ അത് കൂടുതൽ വ്യക്തമാകും നമ്മളോടൊപ്പം നമ്മളോടൊപ്പം നടക്കുന്നവനാ കർത്താവ് നമ്മളോടൊപ്പം സഹതമിക്കുന്നവനാ കർത്താവ് നമ്മൾ കടന്നു പോകുന്ന കർത്താവിനെ ഒരു വായിച്ചുള്ള അറിവല്ല കർത്താവ് തന്നെ ഈ ജഡത്തിലേക്ക് വന്ന് ഈ ജഡത്തിൽ താൻ ജീവിച്ചു പക്ഷെ താൻ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല പക്ഷെ പാപത്തിൻ്റെ പ്രലോഭനങ്ങളുടെ ആ ഭീകരത കർത്താവിന് അറിയാമായിരുന്നു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ കർത്താവ് അങ്ങനെ കടന്നുപോയ കർത്താവിന് ഇതിൻ്റെ ഒരു നേരനുഭവം ഉള്ളത് കൊണ്ട് ഇന്ന് സഹോദരി ഞാനും നീയും കടന്നു കഷ്ടങ്ങളിൽ നമ്മോടൊപ്പം സഹതിക്കാൻ ഈ മഹാപുരോഹിതന് കഴിയും അലലിയ അലലിയ നമ്മളേശാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നിലേക്ക് വരുമ്പം ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഈ കഷ്ടങ്ങളിലെ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുക മാത്രമല്ല നമ്മുടെ വേദനകളെ അവിടെ വെച്ച് കർത്താവ് എടുക്കുകയും ചെയ്യുന്നു അൻപത്തി മൂന്നാമത്തെ ഏശയാവിൻ്റെ പുസ്തകം അൻപത്തിമൂന്ന് അതിൻ്റെ നാലുമഞ്ചും വാക്യങ്ങളിലേക്ക് വരുമ്പം നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്താൻ തകർന്നു നിൽക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണലുകളായി നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു കണ്ടു കണ്ടോ ഒരു വെച്ചുമാറ്റമാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് സമാധാനം അവന് ശിക്ഷ ഇവിടെ നമുക്ക് സൗഖ്യം അവന് അടിപ്പിണര് കണ്ടോ നമ്മോടൊപ്പം നടക്കുകയും നമ്മുടെ വേദനകളെ എടുക്കുകയും ചെയ്യുന്നതാണ് കർത്താവ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് വേദനകളിലൂടെ കടന്നു പോകുമ്പം അതിനെ കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ എടുക്കുക നമ്മൾ ഇന്ന് വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവ് നമ്മളോടൊപ്പം നിൽക്കുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും അപ്പം തന്നെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മുടെ പാകത്ത് ചെയ്യേണ്ടതുണ്ട് നാം എന്തു ചെയ്യണം ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഒരു സയശോധന നടത്തുന്നത് നല്ലതാണ് നമ്മൾ മുമ്പേ പറഞ്ഞു കഷ്ടങ്ങളുടെ പല കാരണങ്ങൾ ദൈവമേ ഈ ഈ പ്രത്യേക കാര്യം എനിക്ക് വന്നത് ഞാൻ വിതച്ചത് കൊയ്യാണോ ഞാൻ വണ്ടി ഓടിക്കാൻ അനുവദിച്ചതിലേക്കാൾ സ്പീഡിൽ ഓടിച്ചേച്ച് പോലീസുകാരൻ എനിക്ക് പെനാൽറ്റി അടിച്ചപ്പം അങ്ങനെയാണോ ഞാൻ ഈ വിഷമിക്കുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നമ്മൾ മതിൽ പൊളിച്ചത് ഈ പാമ്പ് കടിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുക അതോ ദൈവം ഒരു നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ പൊന്നുപോലെ പുറത്ത് ദൈവം അനുവദിച്ചതാണോ അത് നമ്മുടെ സർവായുധവർഗത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ചെരുപ്പ് ശിരസ്ത്രം പരിച വാള് ചെരുപ്പ് എവിടെയെങ്കിലും നമുക്കൊരു പാളിച്ച ആ വടവിലൂടെ പിശാചി വന്നതാണോ ഈ നിലയിൽ നമ്മൾ നമ്മളെ തന്നെ ആന്തരികമായിട്ടൊന്ന് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക വിശുദ്ധിക്കു വേണ്ടിയുള്ള പ്രലോഭനത്തിനെതിരെയുള്ള നിലവിളിയാണെങ്കിൽ ആ നിലവിളിയിൽ നമ്മൾ വർദ്ധിച്ചു വരാനായിട്ട് നമ്മളെ തന്നെ കൂടുതൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക വേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ മ്ലേക്ഷതകൾക്കെതിരെ നമ്മൾ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടുള്ള വിഷമമാണെങ്കിൽ കർത്താവെ എൻ്റെ എൻ്റെ കണ്ണിനെ കൂടുതൽ കണ്ണുനീരുവാക്കണേ എൻ്റെ തലയെ വെള്ളമാക്കണേന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ കഷ്ടങ്ങൾ നമുക്ക് വർദ്ധിച്ചു വരിക തന്നെയാണ് വേണ്ടത് എന്നാൽ മറ്റു കാര്യങ്ങൾ ദൈവം അതിനൊരു സമയം വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പോവുകയില്ല അപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് ക്രമീകരിക്കേണ്ടത് നമ്മൾ ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ എന്ത് വേണം നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തോടെ അടുത്ത് വരണം ഈ കഷ്ടങ്ങൾ ദൈവം അനുവദിച്ചതിൽ കൂടുതൽ സമയം വരികയില്ല എന്ന വിശ്വാസം നമുക്കുണ്ടാകണം രണ്ട് കൊരിന്തേർ രണ്ട് കൊരിന്തേരിൽ നിന്നൊരു വാക്യം നോക്കാൻ രണ്ട് പൊരിന്തേർ അതിൻ്റെ ഒന്നാമധ്യായം ഒന്നാമധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുക സഹോന്മാരി ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടനിമിത്തം വലിയ നിരാശയും വിഷമവും ഒക്കെ ഞങ്ങൾക്കുണ്ടായി കണ്ടോ പൈലോസിന് സംഭവിക്കുന്നതാ വലിയ പ്രയാസവും വലിയ പീഡനവും വലിയ വിഷമങ്ങളും അവിടെ ഉണ്ടായി ഞങ്ങൾ മരിക്കും എന്നുള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു പക്ഷേ പത്താമത്തെ വാക്യം അതിനിടയിൽ വിശ്വാസത്തിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും മേലാനും വിടുവിക്കും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും എല്ലാം നോക്കിയിട്ട് ദൈവത്തിൽ ശരണപ്പെടുക ചെയ്യുന്നു ദൈവത്തിൽ വിശ്വസിക്കുക ചെയ്യുന്നത് റോമർ കെ വി ലേഖനം ഇതുപോലെ തന്നെ നമ്മളൊരു രംഗം കാണുന്നുണ്ട് അവിടെ വലിയ പ്രയാസങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ മധ്യത്തിലും എന്താ സംഭവിക്കുന്നത് എട്ടിൻ്റെ നാമോ നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു ആ വാക്യം മാത്രം നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു കൊള്ളാം പൂർണ്ണ ജയം പ്രാപിക്കുക എന്നാൽ എവിടെ ഈ പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറയുന്നത് ഏതിൻ്റെ ഏതുമായിട്ട് ഏത് ബന്ധത്തിലാണ് അതിൻ്റെ മുകളിലും താഴെയുമൊക്കെയുള്ള വാക്യങ്ങളോട് ചേർത്ത് ഇതിനെ വായിക്കുമ്പോഴേ നമുക്ക് ആ സാഹചര്യം മനസ്സിലാവുകയുള്ളു ക്രിസ്തുവിൻ്റെ മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിടിക്കുന്നതാണ് കഷ്ടതയുണ്ട് സങ്കടമുണ്ട് ഉപദ്രവമുണ്ട് പട്ടിണിയുണ്ട് മഗ്നത ഉണ്ട് ആപത്തുണ്ട് വാളുണ്ട് എഴുകൂട്ടം കാര്യങ്ങൾ വരിക ഓ പ്രയാസങ്ങള് അങ്ങനെ വരിക എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴോ നിന്റെ നിന്നത്തെ നിങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു ഒരു ഇടവും ഇടാതെ കൊല്ലുക ഒരു ഒരിടയും തരാതെ ഇടവിടാതെ കൊല്ലുക അർപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു ഏ അതിൻ്റെ അടുത്ത താഴ്ത്തോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴും പല പല കാര്യങ്ങൾ അവർക്ക് വരിക മരണമുണ്ട് ഏഹ് ജീവന് ദൂതന്മാരെ വാഴ്ചകൾ അധികാരങ്ങൾ ഇപ്പോഴുള്ളത് വരുവാനുള്ളത് ഇതിൻ്റെ അകത്തെ ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങളല്ല മരണമെന്ന് പറയുന്നത് നല്ല കാര്യമല്ല ഇന്നത്തെ ചില വാഴ്ചകളും അധികാരങ്ങളും ഇവരെ പീഡിപ്പിക്കുന്നതാണ് കണ്ടോ മുപ്പത്തി എട്ട് റോമർ കൈതി ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ 35 മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്നിച്ച് വായിച്ച് ഒരൊറ്റ പാക്കേജായിട്ട് നമ്മൾ എടുക്കണം ഇന്ന് നിങ്ങളൊരു പറയല്ലേ അതൊരു പാക്കേജായിട്ട് നോക്കി കിട്ടുന്നു ഇവിടെ ഒരു പാക്കേജാ ഈ പാക്കേജിന്റെ നടുക്കൊരു കാര്യമുണ്ട് എന്താ അതാണ് നമ്മൾ വായിച്ചത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ പ്രാപിക്കുന്നു പൂർണ്ണ നമ്മൾ ആ വാക്യം മാത്രം ഈ പാക്കേജിൽ നിന്ന് നടത്തി എടുക്കല്ലേ ഇതെവിടാ ആ കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണിയും നഗ്നത ആപത്തെ വാള് മരണം വാഴ്ചകള് അധികാരങ്ങള് ഉയരം ആഴം പല കാര്യങ്ങളും വരിക ഇതിൻ്റെ നടുക്കാണ് ഇടവിടാതെ കൊല്ലുകയും അർപ്പാനുള്ള ആളുകളെ പോലും എണ്ണുകയും ചെയ്യുന്നതിൻ്റെ മധ്യത്തിലാണ് പൂർണ്ണജയം പൂർണ്ണജയം പൂർണ്ണജയം പ്രാപിക്കുന്നത് ഇത് എങ്ങനെയാ ഇത് വിശ്വാസത്തിൻ്റെ ഒരു നിലപാടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവൻ ഞങ്ങളെ വിടുവിച്ചു ഇപ്പൊ വിടുവിക്കും മേലാലും വിടുവിക്കും നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇതെന്തുകൊണ്ട് വന്നു എന്ന് ശോധന ചെയ്തതിന് ശേഷം അതിന് ഒരു പരിഹാരം കണ്ട് അതിൻ്റെ അടുത്ത് ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ച ശേഷം നമ്മൾ എന്താ ചെയ്യാവുന്നത് നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലാവുന്നത് വിശ്വാസത്താലാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാവുന്നത് ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കേണ്ടതല്ലേ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുത്ത് എല്ലാവരും ഒക്കെ ഉള്ളു അപ്പോഴും എന്തു വന്നിട്ടില്ല സാഹചര്യം മാറിയിട്ടില്ല ഞങ്ങൾ മരിച്ചു പോകും എന്നുള്ള നിരയിൽ നിരാശപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മുമ്പേ വായിച്ചത് നമ്മൾ രണ്ടുപേരും പേർ ഒന്നിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മളിത് വായിച്ചു നോക്ക് അവിടെ ഞങ്ങൾ ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നി നമ്മൾ ഒരു വിശ്വാസ വീരനെ കാണാനായിട്ട് നമ്മൾ പൗലോസിൻ്റെ അടുത്ത് എന്ന് പൗലോസ് വളരെ വിശ്വാസ വീരനാണ് എന്നാൽ അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പൗലൂസിനെടുത്ത് ചെന്നപ്പം പൗലോസ് രണ്ട് കോരേന്ത്യർ ഒന്നിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തോ പറയുന്നത് സഹോന്മാരെ ആശയിലുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ അറിയണം ജീവനോട് ഇരിക്കുമോ നിരാശ തോന്നി കേട്ടോ ഇതാരാ നിരാശ ആർക്ക ആർക്കാ ഇത് നിരാശ തോന്നു മാറേ എന്ന് മാത്രമല്ല ഞങ്ങൾ ശക്തിക്ക് നോക്കിയാൽ അത്യന്തപാരപ്പെട്ടു അപ്പോൾ ഈ ദൈവദാസൻ എന്തുണ്ട് ഭാരമുണ്ട് നിരാശയുണ്ട് ആ ഞങ്ങളിലെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പം ഞങ്ങൾ മരിക്കും ഓഹ് ഇത്തവണ ഇത്തവണ തീർന്നു എന്ന് തന്നെ അങ്ങ് വിചാരിച്ചതെന്നാ പൗലോ പൗലോസ് പറയുന്നത് വെറുതൊരു സാധാരണക്കാർന്നല്ല പറയുന്നത് ഞങ്ങൾ മരിക്കുമെന്ന് തന്നെ നിർണയിക്കേണ്ടി വന്നു അത്രയും കാര്യങ്ങൾ ആണ് യാഥാർത്ഥ്യം ഇത്രയുമാണ് റിയാലിറ്റി വസ്തുത പക്ഷെ ആ വസ്തുതയുടെ നടുവിൽ നിന്നോണ്ട് പൗലോസ് തുടർന്ന് പത്താമത്തെ വാക്യം പറയുക ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടുവിക്കൂ എന്ന് ഞങ്ങൾ അവനിലാശിവെക്കുക നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ക്രിസ്തുവിലാണ് കർത്താവിലാണ് നിങ്ങൾക്ക് എന്നിൽ ധൈര്യമുണ്ടാകേണ്ടതിന് നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് നമ്മൾ നമ്മുടെ നമ്മുടെ വിശ്വാസത്തെ എവിടെ കൊണ്ടുവന്നുറപ്പിക്കേണ്ടത് ദൈവത്തിലാണ് ഏറ്റവും നാസ്തികനായിരുന്ന ഒരാൾ അദ്ദേഹം ദൈവമില്ലെന്നും ഒക്കെ പറഞ്ഞിരുന്ന ഒരാൾ ആളിനെ അവസാന കാലത്ത് ശുശ്രൂഷിച്ച ഒരു ഹോംനേഴ്സ് അവളുടെ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട് ഹോംനേഴ്സ് പറഞ്ഞു ഞാനിനി ഇനി ഈ മരിക്കാൻ കിടക്കുന്നത് എന്നെ അവിടെ വിട്ടാൽ ഞാൻ എന്തോ ചെയ്യും ഈ മരിക്കുന്ന ആൾ ദൈവമുള്ള മനുഷ്യനാണോ എന്ന് അന്വേഷിച്ചേ ഞാൻ പോവുകയുള്ളു ദൈവമില്ലാത്ത ഒരു നാസ്തികനായ ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന അത്രയും അയാൾ മരിക്കാൻ കിടക്കുമ്പം അയാളുടെ കൂടെ നിൽക്കുന്ന അത്രയും എനിക്ക് വേറൊരു കാര്യമില്ല ഇൻഗർ സോളന്ന മറ്റ പറഞ്ഞ ആ നിരീശ്വരന് മരിക്കാൻ കിടക്കുമ്പോൾ ഈ സഹോദരി കൂടെ നിന്നു അവളുടെ ജോലിയാണ് അവൾ എന്താ ഹോം കൂടെ നിൽക്കുക നേഴ്സാണ് പക്ഷേ ഈ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ മരണത്തിലേക്ക് താഴ്ന്നു താഴ്ന്നു പോവുക അയാൾക്ക് എന്ത എന്ത് എന്തില്ല അയാൾക്ക് അയാളുടെ ഹൃദയത്തെ ഉറപ്പിക്കാനൊന്നുമില്ല കാരണം അയാൾക്ക് എന്തില്ല ദൈവമില്ലെന്നയാളെ ജീവിതം ജീവിതത്തെ മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നത് ജീവിച്ചിരിക്കുമ്പോൾ മുഴുവൻ ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദിയായിട്ടും അതിൻ്റെ ആചാര്യനായിട്ട് നടന്ന മനുഷ്യൻ മരിക്കാൻ തുടങ്ങുമ്പോൾ തനിക്ക് തൻ്റെ ഹൃദയത്തെ ഒന്നിലും ഉറപ്പിക്കാനില്ല വളരെ അരാജകത്വത്തോടെ വളരെ നിരാശയോടെ ഒന്നുമില്ലാതെ കരഞ്ഞ് നിലവിളിച്ച് ഓ നിൽക്കുന്നോരെ വിഷമിപ്പിച്ച് അങ്ങനെ അങ്ങനെയാണ് ആ മനുഷ്യൻ മരിച്ചത് ഈ ഹോമനേഴ്സ് പറയുക എന്നാലോ എന്നാൽ നമുക്കെന്താ ചെയ്യാൻ വയ്ക്കുന്നത് ജീവിതത്തിൽ ഈ കഷ്ടങ്ങളുടെ അവസാനത്തെ കാര്യമാണ് മരണം ആ മരണത്തിൻ്റെ അവസ്ഥയിലൂടെ മരണനീഴൽ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവമുള്ള ഒരു മനുഷ്യർ പറയാൻ നിൽക്കുന്നത് എന്താ ഞാന് ഭയപ്പെടുകയില്ല ഭയപ്പെടുകയില്ല കാരണം നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാനൊരാളുണ്ട് ദൈവമാവുള്ളു ദൈവമാവുള്ളു പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ നമ്മൾ അവിടെ ഏറ്റുപറയുകയും ദൈവത്തോട് അടുത്ത് ചെല്ലുകയും വേണം ദൈവത്തോട് പ്രാർത്ഥനയോടെ അടുത്ത് ചെല്ലുകയും വേണം നമ്മൾ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിനെ കുറിച്ചൊരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വാക്യം എട്ടാമത്തെ വാക്യം എൻ്റെ മുഖം അന്വേഷിപ്പേ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു എൻ്റെ മുഖം അന്വേഷിപ്പേ എന്നെ ദൈവത്തിൽ നിന്ന് കൽപ്പന വന്നു ഉടനെ സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത് ആ യേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു ഓരോ നിലയിലും കഷ്ടങ്ങൾ വരുമ്പോൾ അത് നമുക്ക് തരുന്ന മെസ്സേജ് എന്താ ഒരു ദൈവ മെസ്സേജ് എന്താ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്ക എന്ന് ദൈവത്തിൽ നിന്നുള്ള ഒരു കൽപ്പനയായിട്ടാണ് ഈ പ്രയാസം വരുന്നത് അതിൻ്റെ മധ്യത്തിൽ നമ്മളെ ദൈവത്തോട് മറുപടി പറയേണ്ടത് അതേ കർത്താവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കും എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് നാൽപ്പതാം സങ്കീർത്തനത്തിലും നമ്മൾ കാണുന്നുണ്ടല്ലോ നാൽപ്പതാം സങ്കീർത്തനത്തിലും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഞാൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേട്ടിയിലുമാണ് പക്ഷെ ഞാൻ എന്തു ഞാൻ ദൈവം നിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വരും നമ്മൾ നമ്മുടെ കഷ്ടങ്ങളിൽ വിശ്വാസത്തിൻ്റെ വചനം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയുമാണ് നമ്മൾ വേണ്ടത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിച്ച് പറയാം നമ്മളെന്താ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് കഷ്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് കഷ്ടങ്ങൾ കഷ്ടങ്ങൾ നമ്മൾ നൂറ്റി പതിനാറ സങ്കീർത്തനം പറഞ്ഞാൽ വന്നത് ഓ ഞാൻ വലിയ കഷ്ടത്തിലായി പക്ഷേ കഷ്ടത്തിലായാലും ഞാൻ എന്തോ ചെയ്യും ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയില്ല ഞാൻ എൻ്റെ വിശ്വാസം സൂക്ഷിക്കും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന പലരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പല തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോകും ഇത് വരുമ്പം ഇതിനെ നമ്മൾ ഒന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അവലോകനം ചെയ്യുക ചെയ്തു എവിടുന്നാണ് ഈ കഷ്ടങ്ങൾ വരുന്നത് കഷ്ടങ്ങൾ വന്നത് പാപത്തിൽ നിന്നാണ് വന്നത് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ചിലപ്പം വരാം നമ്മൾ മതിൽ പൊളിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പിശാജിനെതിരെയും അനുവദിക്കുന്നതാകാം അല്ലെങ്കിൽ പിശാജിനെതിരെയുള്ള നമ്മുടെ സർവായുധ വിടവ് കൊണ്ടുവന്നതാകാം അതല്ലെങ്കിൽ ആന്തരിക വിശദീകരണത്തിന് വേണ്ടിയുള്ള നമ്മുടെ നിലപാട് നമുക്ക് അനുവദിക്കുന്ന കഷ്ടങ്ങളാണ് ആ കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറയല്ലേ അല്ലെങ്കിൽ മ്ലേക്ഷകരമായ സമൂഹത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് ഉള്ളിൽ അരി അനുഭവിക്കുന്ന ഞെരുക്കമാകാം അതും മാറിപ്പോണമെന്ന് പറയല്ലേ അതും കൂടുതൽ വർദ്ധിച്ചു വരട്ടെ ഇവ നമുക്ക് കഷ്ടങ്ങൾ പലതരത്തിലുണ്ട് നമ്മുടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം ദൈവം ഒരു കാര്യം ചെയ്യുന്നുണ്ട് ദൈവം എന്താ ചെയ്യുന്നത് ദൈവം നമ്മുടെ കൂടി നദിയിലൂടെ കിടക്കുമ്പോൾ നമ്മളെ കൈവിടുകയില്ല തീയിലൂടെ കിടക്കുമ്പോൾ കൈവിടുകയില്ല പഴയനിന്ന് മൂന്ന് ഭക്തന്മാരെ തീയിലൂടെ കടന്നപ്പോൾ കൈവിടാത്ത പുത്രൻ തമ്പുരാൻ ഇന്ന് നമ്മളോടൊപ്പം സഹതാപം കാണിപ്പാതിരിക്കുമോ ഇല്ല ഇല്ല എപ്പറ കഴിഞ്ഞില്ല എങ്ങനെ നാലിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു ഇന്നും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും അതുകൊണ്ട് ദൈവ കൂടുതൽ അറിയാനുള്ള അവസരമായിട്ട് നമ്മളിതിനെ എടുക്കുക അപ്പം തന്നെ നമ്മളെന്തോ വേണം നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം ദൈവം എന്തുകൊണ്ടാണ് വെറുതെ ഒരു കാര്യം വരികയല്ലോ ഇത് വരാനുള്ള കാരണമെന്താ ഞാന് എൻ്റെ വിതച്ചത് കൊയ്യുകയാണോ അതോ എൻ്റെ സർവാധുധ വർഗത്തിൽ എവിടെയെങ്കിലും കർത്താവ് ചിലത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇതിലൂടെ പൊല്ലില് പൊല്ലുപോലെ പുറത്ത് വരാൻ വേണ്ടി ദൈവം നീ എനിക്ക് അനുവദിച്ചതാണോ ഇതെല്ലാം നമ്മൾ ശോധന ചെയ്യുകയും ദൈവസന്നിധിയിൽ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുകയും നമ്മൾ ചെയ്യണം അതാണ് നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് ദൈവം ദൈവത്തിൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളത് ചെയ്യും നമ്മുടെ കൂടെയിരിക്കും ശക്തിപ്പെടുത്തും ധൈര്യപ്പെടുത്തും ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറയും അതെല്ലാം ദൈവം ചെയ്യും നമ്മൾ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് ക്രമീകരിക്കണം അങ്ങനെ ക്രമീകരിച്ചതിന് ശേഷം പിന്നെയും നമുക്ക് ആരുടെ അടുത്തേക്കേ വരാനുള്ളൂ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ വരാനുള്ളൂ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാനുള്ള ദൈവത്തിലാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൻ്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗലോസിൻ്റെ കാര്യം പറഞ്ഞു യാഥാർത്ഥ്യം നിരാശ തോന്നും മരണം സംഭവിക്കും ഇത്തവണ മരിച്ചത് തന്നെ എന്ന് കണക്കുകൂട്ടും പക്ഷെ അവിടെ ഓ കഴിഞ്ഞ കാലത്ത് വിടുവിച്ചു ഇപ്പം വിടുവിക്കും മേലും വിടുവി മേലും ഇന്ന് വിടുവിക്കുന്നു മേലും വിടിവിക്കും എന്ന വിശ്വാസത്തിൻ്റെ വചനം താൻ ഏറ്റു പറഞ്ഞു ഹോമലേഖനത്തിലും അങ്ങനെ പറഞ്ഞു ഓ കഷ്ടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് മരണമുണ്ട് ആപത്തെ വാള് എല്ലാം ഉണ്ട് അതിൻ്റെ നടുവിൽ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും എന്ന വിശ്വാസത്തിൻ്റെ വചനം അവിടെയും ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിശ്വാസത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക ദൈവത്തോട് കർത്താവ് ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു എന്നെ സഹായിക്കണമെന്ന് പറയുക അങ്ങനെ വരുമ്പം നമ്മുടെ വിശ്വാസം ഒന്നുകിൽ ദൈവം ആ മാറ്റും അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൂടെ കടന്നു നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും രണ്ടിലൊന്നാ ദൈവം ചെയ്യുന്നത് ഇന്നത്തെ ചുറ്റുപാടുമുള്ള സുവിശേഷവിധ സഹോദനം പലരും പറയുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ സാഹചര്യം മാറും സാഹചര്യം മാറും വിടുതൽ ഉണ്ടാകും വിടുതൽ ഉണ്ടാകുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ നമ്മൾ പറഞ്ഞത് വിശ്വാസത്താൽ വാളിൻ്റെ വായിക്കു തെറ്റി വിശ്വാസത്താൽ വാളാൽ കൊല്ലപ്പെട്ടു ഈ രണ്ട് കാര്യത്തിനായിട്ടും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്